അപ്പിച്ച അഹങ്കാരാസ്പദം ആത്മാനം ആസ്തിഷ്ഠ തൈരവി അസിന് താത്വികത്വം അഭിഭേദവ്യം ആരാണോ ആത്മാവിനെ അഹങ്കാരത്തിന്റെ വിഷയമായി സ്വീകരിച്ചത് വൈശേഷികമാരും മറ്റ് തൈരവി അവരുമെന്താണ് അസിന് താത്വികത്വം തിനെ താത്വികമായി അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല അഹങ്കാരത്തിന്റെ ആശ്രയമായിട്ട് അവർ സ്വീകരിച്ചാലും എന്തുകൊണ്ട് അഹം ഇഹ ദേവ അസ്മി സദനെ ജാന രീതി സർവ്വവ്യാപന പ്രാദേശിക അഹം എന്ന് പറയുന്ന വിഷയമായി ആത്മാവിനെ സ്വീകരിച്ചാലും അത് യഥാർത്ഥമല്ല യഥാർത്ഥമായി അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അവർ പറയുന്നത് അവരുടെ വാക്യപ്രയോഗ അഹം സർ ഞാനെന്തായി വീട്ടിൽ തന്നെ ഉണ്ട് ധാനാന അറിയുന്നവനായ ഞാൻ വീട്ടിൽ തന്നെയുണ്ട് ഇത് സർവ്വവ്യാപിന എന്നവൻ സർവ്വവ്യാപിയായ ആത്മാവിനെ പ്രാദേശികത്വൻ ശരീരപരിച്ഛിന്നമായിട്ട് വീട്ടിനുള്ളിൽ ഗ്രഹിക്കുന്നു അപ്പോൾ അഹമെന്നു പറയുന്ന അനുഭവത്തിൻ്റെ വിഷയമാണ് ആത്മാവെന്ന് പറയുമ്പോഴും അത് യഥാർത്ഥ അനുഭവം നിഗ്രഹിക്കാൻ പറ്റത്തില്ല കാരണം വൈശേഷികമാരും മറ്റും ആത്മാവിനെ സർവ്വവ്യാപിയായി സ്വീകരിച്ചിരിക്കുന്നു വിഭവമായിട്ട് പക്ഷെ അതിൽ തന്നെ വീട്ടിലിരിക്കുന്നു വിഭു എന്ന് പറയുന്നത് എങ്ങനെ വീട്ടിലിരിക്കും സർവ്യാപിക്ക് വീട്ടിലിരിക്കാൻ പറ്റി പറയുന്നവനായ ഞാനെന്ന് പറയുമ്പോൾ ആത്മാവിനെയാണ് പറയുന്നത് ഉണ്ട് ഞാനെന്ന് പറയുന്ന അനുഭവത്തിന്റെ വിഷയമാണ് ആത്മാവ് നേരത്തെ പുറകോക്ഷി പറഞ്ഞു അവനെ ഭണ്ണിക്കുകയാണ് അങ്ങനെ പറഞ്ഞാലും ആ അനുഭവം യഥാർത്ഥമുണ്ടോ എന്നർത്ഥം പിന്നെന്താണ് ഉച്ചതരഗിരി ശിഖരവർത്തിഷവും മഹാതരുഷവും ദുർവാപ്രവാള നിർഭാസപ്പെട്ട അപ്പോ സർവവ്യാപിയായിരിക്കുന്ന വിഭുവായിരിക്കുന്ന ആത്മാവിനായിരിക്കുന്നു വീട്ടിലിരിക്കുന്നു എന്ന് ശരീരം പരിച്ഛിന്നമായി അറിയുക എന്ന ഭ്രമമാണ് ഉദാഹരണം പറയുന്നു വളരെ ഉച്ചത്തിൽ ഒരു പർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു വൃക്ഷം താഴെ നിന്ന് നോക്കുന്ന ആളാണ് ഭൂമിഷ്ട ദുർവ പ്രബാളനിർഭാസപ്പെടുത്തി ഒരു പുഴനാമ്പ് പോലെ തോന്നും അപ്പോൾ അയാള് കാണുന്നത് പുഴ്നാമ്പിനെയാണ് വൃക്ഷത്തിന് കൊടുമുടിയുടെ നിൽക്കുന്ന വൃക്ഷം ഭൂമിയിൽ നിൽക്കുന്ന താഴെ നിൽക്കുന്ന ഒരാൾക്ക് ഊന്നാമ്പോലെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് അതുപോലെയാണ് അതുകൊണ്ട് അഹത്തിന്റെ ആസ്പദമായ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തിയാണ് എന്നും ദേഹസ്യ പ്രാദേശികത്വ അനുഭൂയതീസം അപ്പോ ഇതിന് പൂർവോക്ഷം പറയാണ് നിഷേധിച്ചപ്പോൾ ുഭവത്തിന്റെ വിഷയമായി ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്ന ഭ്രാന്തിയാണെന്നാണ് അദ്വൈതി പറയുന്നത് അതിന് കുറേ വർഷം പറയണം അപ്പോ അഹം ഹൈവ അസ്മി എന്ന് പറയുന്ന ആത്മാവിന്റെ പരിമിതിയല്ല അറിയുന്നത് ശരീരത്തിന്റെ പരിമിതിയാണ് അത് ആത്മാവിന്റെതല്ല എന്നവർക്ക് പറയാൻ വേണമെങ്കിൽ എന്നും ദേഹസ്യ പ്രാദേശികത്വം അനുഭൂയതേ അഹം ഹൈവ അസ്മി സദനെ ജാനാ റിയുന്നവനായ ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ദേഹത്തെക്കുറിച്ച് പറയണ ആത്മാവിനെ കുറിച്ചല്ല ദേഹത്തിന്റെ പരിമിതിയെ കുറിച്ച് പറയണേ എന്ന് പറയുന്നത് ശരിയല്ല ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നുള്ളത് അഹം എന്നാ പറയുന്നത് ശരീരത്തെ കുറിച്ച് പറയണെങ്കിൽ ഇതം ഇതെന്ന് പറയുന്നു അഹമെന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ദേഹത്തെ കുറിച്ചല്ല പറയുന്നത് ഥ അങ്ങനെയാണെങ്കിൽ അതായത് ഈ അനുഭവം അഹം ഹേയോസ്മി ജാനാൻ അഹം ഈ അനുഭവം ശരീരത്തിന്റെ പരിമിതിയെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയണമെങ്കിൽ അത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ അഹമെന്ന് പറയാൻ കഴിയില്ല ഇനി ശരീരത്തിന്റെ പരിമിതിയെ തന്നെ പറയുന്നു പക്ഷെ അത് ഗൂണമായി പറയാണ് മുഖ്യമായി അത് ആത്മാവ് തന്നെ പക്ഷെ ദൂണമായി ശരീരത്തെ അതിനാണ് അവിടെ ജാനാന എന്ന് ചേർത്ത് ഗുണത്തെ ജാനാ ഗുണമായി ശരീരത്തെ അറിയുന്നെന്ന് പറഞ്ഞാൽ ജാനാന അറിയുന്നവനെന്ന് പറയാൻ കഴിയില്ല കാരണം അറിയുന്നവൻ ആത്മാവാണ് ശരീരമല്ല അവരുടെ സിദ്ധാന്തം അനുസരിച്ച് വിശേഷിക സിദ്ധാന്തം അനുസരിച്ച് അറിവ് ആത്മാവിനാണ് അറിയുന്നവനായ ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പരിമിതിയെക്കുറിച്ച് പറയുകയാണ് അതുകൊണ്ട് അനുഭവം ഭ്രാന്തിയാണ് പൂർവ്വക്ഷിക്കെന്താ പറയാനുള്ളത് അഹോ എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു അതുകൊണ്ട് എല്ലാവർക്കും ആത്മാഅ അനാത്മാവിവേകം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഇല്ല എന്നാണ് ഇവിടെ സിദ്ധാന്തം പറയുന്നത് അപ്പൊ ഇത് ഗൗണപ്രയോഗമാണ് ശരീരത്തിൽ എന്ന് പറയുന്നത് ശരി എന്തുകൊണ്ടല്ല പരശബ്ദ പരത്ര ലക്ഷ്യമാണ് ഗുണയോഗ്യന് വർദ്ധതയിൽ പ്രതിപത്രോഹോ സംപ്രതിപത്തി സഗൗണ എത്ര പ്രയോക്തൃപ്രതിപത്രോഹോ സം വാക്യം പ്രയോഗിക്കുന്നാണ് പ്രതിഭത്ത വാക്യാർത്ഥം മനസ്സിലാക്കുന്നാണ് ഇവ രണ്ടുപേർക്കും എന്താണ് എവിടെയാണ് ശരിയായ ബോധം ഉണ്ടാകുന്നത് അവിടെ മാത്രേ ഗുണമെന്ന് പറയാൻ പറ്റൂ ഇവിടെ പരശബ്ദ പരത്ര ലക്ഷ്യമാണ് ഗുണയോഗിയ വർദ്ധത പരശബ്ദം സിഹശബ്ദം പരത്ര മാണവേന ലക്ഷ്യമാണ ഗുണയോഗ്യേന ആ സമൂഹ ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളോടുകൂടി ആ ശബ്ദം സ്ഥിതിചെയ്യുമ്പോൾ ഏത് ശബ്ദം സമൂഹ ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രൗതിയ ക്രൂരത ഗുണങ്ങളാണ് അപ്പോ അത് ണവനൽ ക്രൂരത തുടങ്ങിയ ഗുണങ്ങളുണ്ടെങ്കിൽ സിംഹ ശബ്ദം കൊണ്ട് പറയാം സിംഹവും മാണവകാന്ന് സിംഹശബ്ദം മാണവനൽ സിംഹത്തിലുള്ള ഗുണ സംബന്ധത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ പ്രയോഗിക്കുന്നതാണെന്നും സിംഹവും മാണവകാന്നും പ്രയോഗിക്കുന്നതാണെന്നും കേൾക്കുന്നതാണെന്നും ശരിയായ അർത്ഥബോധം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ പറയാം സിംഹ ശബ്ദം ഗുണമായി പ്രയോഗിച്ചു പറയാൻ ആ വാക്യം പ്രയോഗിക്കുന്ന കേൾക്കുന്നതാണെന്ന് പറയാണ എന്നാലേ സിംഹവും പറയാൻ പറ്റും അതിന് വൈദികമായ ഉദാഹരണം പറയുന്നത് നൈയമിക അഗ്നിഹോത്ര വചനോ അഗ്നിഹോത്ര ശബ്ദ ാംസം അഗ്നിഹോത്രം ജുതിഹോത്ര ശബ്ന്ന് പറയുന്നത് നിത്യ അഗ്നി അഗ്നിഹോത്ര ശബ്ദം മുഖ്യമാണ് എന്നാൽ മാസം അഗ്നിഹോത്രം ജുഹോതി എന്ന താണ്ടിബ്രാഹ്മണത്തിൽ ഒരു വാക്യം പ്രയോഗിക്കുന്നുണ്ട് അത് അതെന്താണ് കുണ്ടബായി എന്ന് പറയുന്ന യഷ്യുമാരുടെ സത്രത്തിന്റെ അംഗമാണത് അത് അത് മാസം അഗ്നിഹോത്രം ജുഹോതി എന്ന് പറയുന്നത് അവിടത്തെ അഗ്നിഹോത്ര ശബ്ദം എന്ന് പറയുന്നത് എന്താണ് ഗുണമായി പ്രയോഗിച്ചിരിക്കുകയാണ് അപ്പൊ കുറിച്ച് പറയുന്ന അഗ്നിഹോത്ര ശബ്ദം ഒരു സത്രത്തിന്റെ അംഗമായ ഒരു കർമ്മത്തെ പ്രയോഗിക്കുന്നത് അത് ഗുണമായിട്ടാണ് ഇത് പൂർവീമാസയിൽ പ്രകടനാന്തരാധികരണത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അഗ്നിഹോത്ര ശബ്ദം നിത്യ അഗ്നിഹോത്രത്തിൽ മുഖ്യാർത്ഥത്തിലും പിന്നെ സത്രത്തിന്റെ അംഗമായി വരുന്ന അഗ്നിഹോത്രത്തിൽ ഗുണമായും പ്രയോഗിക്കുന്നു എന്നർത്ഥം എന്തുകൊണ്ട് ഇവിടെ രണ്ടിനും ഭേദജ്ഞാനം ഉണ്ട് പിന്നെ രണ്ടിലും സാദൃശ്യം നൈമിക അഗ്നിഹോത്ര വചനം എന്ന് വെച്ചാൽ നിത്യ അഗ്നിഹോത്രം ഇതിന്റെ വാചകമായ അഗ്നിഹോത്ര ശബ്ദ അഗ്നിഹോത്രം എന്ന് പറയുന്നത് തൈത്രിയ സംഹിതയിൽ അഗ്നിഹോത്രം ജുഹോതി എന്ന് പറയുന്നിടത്ത് അഗ്നിഹോത്രം അത് പ്രകടനാന്തര അവദ്രതേ മറ്റൊരു പ്രകടനത്തിൽ പറഞ്ഞിരിക്കുന്നു മാസാഖിൻ ഗോത്രം അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക അത് മറ്റൊരു പ്രകടനമാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ താണ്ടി ബ്രാഹ്മണത്തിലാണ് ഇതാണ് പ്രകടനാന്തര അവർ കൗണ്ടബായി എന്നുവെച്ചാൽ കുണ്ടഭായ്ശിമാർ അവരുടെ ശാഖയിലുള്ള കർമ്മത്തിൽ മാസാഗ്നിഹോത്രത്തിൽ മാസം അഗ്നിഹോത്രം ജ്യോതിയത്ര ഇവിടെ സാദൃശ്യേന ഗുണ രണ്ടും തമ്മിൽ എന്താണ് സാദൃശ്യമുള്ളത് കൊണ്ട് ഇത് ഗുണമാണ് അതുപോലെ മാണവകേച അനുഭവസിദ്ധഭേദാസി അനുഭവസിദ്ധ ഭേദ മാണവേ സിംഹ ശബ്ദ ഗുണ എന്നർത്ഥം സിംഹശബ്ദത്തിൽ നിന്നും അനുഭവസിദ്ധ ഭേദയെ അനുഭവസിദ്ധമായ ഭേദമുള്ളതാണ് ആരും മാണവൻ മാണവൻ വേറെയാണ് സിംഹം വേറെയാണ് അപ്പോൾ ഭേദം വ്യക്തമായിരിക്കുന്നുണ്ട് സിംഹവും മാണവകാന്ന് പറയുന്നിടത്ത് സിംഹശബ്ദം അത് മാണവനിൽ പ്രയോഗിക്കുമ്പം മാണവേ സിംഹശബ്ദ ഗൗണ എന്ന് പറയും അതുകൊണ്ട് ദേഹത്തിൽ ഗൌണമായി അഹംശബ്ദം പ്രയോഗിക്കുന്നു എന്ന് പറയാൻ കഴിയത്തില്ല ർത്ഥം അഹം ശബ്ദം ആത്മാവിന്റെ വിപ്പുവായ ആത്മാവിനെ വെളിപ്പെടുത്തുന്നുമില്ല അതുകൊണ്ട് ആത്മാവിനെ അറിയും ആത്മാവിൽ നിന്ന് ഭിന്നമാണ് അനാത്മാവ് ആത്മാഅനാത്മബോധം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടിവിടെ അധ്യാസം ഇല്ല എന്നുള്ള പൂർവക്ഷ ശരിയല്ല എന്നാണ് പറയുന്നത് പൂർവക്ഷ പറയുന്നതനുസരിച്ച് ആത്മാഅനാത്മവിവേകം എല്ലാവർക്കും ഉണ്ട് സിദ്ധാന്തി പറയുന്നതനുസരിച്ച് അതില്ല ഓർമ്മക്ഷി പറയുന്നതനുസരിച്ച് ഭേദമുള്ളത് കൊണ്ട് എന്താണ് അധ്യാസമില്ല സിദ്ധാന്തി എന്താണ് ഭേദമില്ലാത്തത് കൊണ്ട് അധ്യാസമുണ്ട് അധ്യാസം അനുഭവം അധ്യാസം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവമാണ് ഇതാണ് സിദ്ധാന്തം എന്നോ അഹങ്കാരസ്യ മുഖ്യോർത്ഥോ നിർലുടിത ഗർഭയ ദേഹാദിപ്യോ ഭിന്നോ അനുഭൂയതേ അത് മാത്രമല്ല അഹങ്കാരത്തിന്റെ മുഖ്യമായ അർത്ഥം എന്തോ അത് അത് വ്യക്തമായി ദേഹാദികളിൽ നിന്ന് ഭിന്നമായി അനുഭവിക്കുന്ന എല്ലാവരും അഹങ്കാരസ്യ മുഖ്യ അഹങ്കാരത്തിന്റെ മുഖ്യമായ അർത്ഥം നിർലുടിത ഗർഭയെന്നുവെച്ച വ്യക്തമായി ദേഹാദികളിൽ നിന്ന് ശരീര ഇന്ദ്രിയം ഇതിൽ നിന്ന് ഭിന്നമായി അനുഭൂയത അനുഭവിക്കപ്പെടുന്നില്ല ഏന പരിശബ്ദം ശരീരവും ഗുണവും അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്താണ് ഇവിടെ അഹംശബ്ദം ശരീരം പറയാമായിരുന്നു ഇവിടെ അങ്ങനെ ഭേദജ്ഞാനമില്ല അഹം ശബ്ദത്തിന്റെ അർത്ഥം വേറെയാണ് ശരീരം വേറെയാണ് അങ്ങനെ ഒരു ഭേദജ്ഞാനം ഇല്ല എന്നുവച്ച അത്യന്ത നിരൂഢതയാ ഗുണയെ പിന്നെ ഗുണത്വഭിമാന പറയുന്നു അഹംശബ്ദം ദേഹത്തിൽ രൂഢമൂലമായിരിക്കും അതുകൊണ്ട് ഓണപ്രയോഗമാണെങ്കിലും അവിടെ ഗൗണമാണെന്ന് അറിയുന്നില്ല ഒരാൾ പൂർവക്ഷി പറയാണ് അഹംശബ്ദം എന്ന് പറയുന്നത് അനാദിയായി തന്നെ ദേഹത്തെ പ്രയോഗിച്ചു വരുന്നതാണ് അത്യന്ത നിരൂഢം അതുകൊണ്ട് അഹംശബ്ദം ഗൗണമായി ദേഹത്തിൽ പ്രയോഗിച്ചു വരുന്നുണ്ട് എങ്കിലും എന്താണ് അത് അവിടെ ഗൂണത്വ അഭിമാനം ഗൂണമാണെന്ന് അറിയുന്നില്ല പൂർവക്ഷി വീണ്ടും പറയുന്നത് എന്താണ് ആ ശബ്ദം ആത്മാവിനെ ബോധിപ്പിക്കുന്നു അതുകൊണ്ട് ആത്മാവെന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ ആത്മാവിനെ അറിയാം എന്നാണ് പറയും പിന്നെ ആ ശബ്ദം ദേഹത്തെ പ്രയോഗിക്കുന്നത് അത് ദൂണമായി പക്ഷെ അവിടെ ഗുണത്വഭിമാനവും ഗുണമാണെന്നുള്ള ബോധമില്ലെന്നേ ഉണ്ട് ഏതുപോലെ സാക്ഷപാതിഷു തൈല ശബ്ദം കടുകണ്ണയില് തൈല ശബ്ദം പ്രയോഗിക്കുന്നത് തൈലം എന്ന് വെച്ചാൽ തില എളിൽ നിന്നുണ്ടാകും എള്ളെണ്ണ എന്നാണ് എന്റെ അർത്ഥം തൈലത്തിന് എള്ളെണ്ണ എന്നുണ്ട് പക്ഷെ കടുകണ്ണയിലും തൈലൊന്നും പ്രയോഗിക്കാറുണ്ട് അതുപോലെ സാക്ഷപാതിഷു തൈല ശബ്ദം അതുപോലെ അപ്പോൾ എന്തുകൊണ്ടത് പ്രയോഗിക്കുന്നു അത് നിരൂഢമായി അനാദികാലമായി തൈല ശബ്ദം എണ്ണെണ്ണയിൽ പ്രയോഗിക്കുന്നു അതുപോലെ തന്നെ കടുകെണ്ണയിലും പ്രയോഗിക്കും അതുകൊണ്ടാണ് എന്നാണ് തൈലം എണ്ണ എന്നിങ്ങനെ പറയുന്നത് എണ്ണെണ്ണയിൽ പ്രയോഗിക്കുന്ന പോലെ തന്നെ അനാദികാലമായി അത് കടുകണ്ണയിലും പ്രയോഗിക്കുന്നുണ്ട് കടകണ്ണയിൽ തൈലം എന്ന് പറയുന്നൊരു ദോഷ ദോഷമൊന്നുമില്ല തൈലശ്ത കടുകണ്ണയിലെ തൈല ശബ്ദം പ്രയോഗിക്കുന്നതുപോലെ എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുന്നു തത്രാവി സ്നേഹാ തിലഭവാത് ഭേദ സിദ്ധൈവ സാക്ഷപാതീനം തൈല ശബ്ദവാചത്വഭിമാനു പറയുന്നു അവിടെ വ്യത്യാസമുണ്ട് എണ്ണിൽ എണ്ണ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കടകണ്ണ എന്നുള്ള ഭേദജ്ഞാനം ഉള്ളവന് ആരാണോ കടകണ്ണയിൽ തൈല ശബ്ദം പ്രയോഗിക്കുന്നത് അയാൾക്കും അറിയാം എള്ളെണ്ണയിൽ നിന്ന് വേറെയാണ് കടുകണ്ണ കടുകണ്ണയിൽ നിന്ന് വേറെയാണ് എള്ളെണ്ണ ഭേദജ്ഞാനം ഉള്ളിടത്താണ് അങ്ങനെ പ്രയോഗിക്കുന്നത് തത്രാവി സ്നേഹാത് തിലഭവാ തിലത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹം എണ്ണ ഭേദ സാക്ഷപാധീന്ന സാക്ഷപ്പം കടകണ്ണയും മറ്റും എളിൽ നിന്നും ഉണ്ടാകുന്ന എണെന്നും വേറെയാണ് ആ ഭേദം ഞാനുണ്ട് തൈല ശബ്ദ വാചിത്വം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ശബ്ദം കൊണ്ട് കടുകണ്ണയും പറയാം പക്ഷെ പറയുന്നതാണെങ്കിൽ രണ്ടും നമ്മളുടെ വ്യത്യാസം അറിയാം വച്ചിത്വ അതുകൊണ്ടാണ് തൈല ശബ്ദം കൊണ്ട് എണ്ണയും പറയുന്നത് കടുകണ്ണയും പറയുന്നു ഭേദം അങ്ങനെ പറയാം ദോഷമില്ലാന്ന് എന്നത് അർത്ഥോ തൈലസാക്ഷബേയോ ഒരു അഭേദ അധ്യവസ്ഥ പക്ഷെ അവിടെ ഒരിക്കലും തൈലവും കടുകണ്ണയും എള്ളെണ്ണയും ഒന്നാണെന്ന് അയാൾക്ക് ഉറപ്പില്ല അങ്ങനെയാണ് തീരുമാനിക്കുന്നത് കടകണ്ണ തന്നെയാണ് എള്ളെണ്ണ എള്ളെണ്ണ തന്നെയാണ് കടുകണ്ണ അങ്ങനെയൊക്കെ അധ്യവസായ ഉറപ്പിട്ട് അയാള് ആരോപിച്ച് പറയുന്നില്ല എന്നറിയും അവിടെ ഭേദജ്ഞാനമുണ്ട് കടുകണ്ണ വേറെയാണ് എള്ളെണ്ണ വേറെയാണ് റിഞ്ഞുകൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു അവിടെ കടുവണ്ണയിലും എണ്ണ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നു അവിടെ ദോഷമില്ലാന്നർത്ഥം അതുകൊണ്ട് എന്ത് സിദ്ധമായി ഗൗണത്വ ഉഭയദർശനവും ഗൗണമുഖ്യോ വിവേകനോ അപ്പൊ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കണം എന്താണ് എത്ര ഗൌണത്വം അത്ര എത്ര ഗൌണമുഖ്യവർ വിവേകജ്ഞാനം എവിടെയാണോ ഗൗണവും മുഖ്യവും തമ്മിൽ വിവേകമുള്ളത് അവിടെ മാത്രമേ ഗൗണത്വം ഉണ്ടായി അല്ല എവിടെയാണോ ഗൌണത്വം ഉള്ളത് അവിടെ എല്ലാ ഗൗണവും മുഖ്യവും തമ്മിലുള്ള വിവേകജ്ഞാനം ഉണ്ടായിരിക്കുന്നതാണ് പ്രസിദ്ധം ഗൌണത്വം ഉഭയദർശനവും രണ്ടും കാണുന്നവർ ഗൗണവും മുഖ്യവും അതിന്റെ വിവേകജ്ഞാനേനെ വ്യാപ്തമാണ് ഗൗണത്വം അപ്പോൾ എത്ര തത്ര ഗൗണമുഖ്യ വിവേകജ്ഞാനാണ് സിംഹവും മാണവർ പിന്നെ ഉദാഹരണം അവിടെ എന്താണ് ഗ്രൗണം എത്തുകൊണ്ട് അവിടെ ഗൗണമുഖ്യവർ രണ്ടും തമ്മിലുള്ള വിശേഷജ്ഞാനുണ്ട് വിശേഷ സമൂഹം വേറെയാണ് മാണവൻ വേറെയാണ് അങ്ങനെ ഭേദജ്ഞാനം ഉള്ളതുകൊണ്ട് അവിടെ എത്രയാണോ എവിടെയാണോ ഗ്രൗണവും മുഖ്യവും തമ്മിലുള്ള വേദജ്ഞാനമുള്ളതും അവിടെ എത്ര എവിടെയാണ് ഗൗണത്തോള്ള ഗൗണവുമൊക്കെ നമ്മളെ വിവേകജ്ഞാന സിംഹവും മാണവെന്നുവിടത്തെ ഗൗണത്വമുണ്ട് അവിടെ എന്താണ് സിംഹവും മാണവൽ നിങ്ങളുടെ വിവേകജ്ഞാനം അവിടെയുള്ള അപ്പോ സിംഹവും മാണവു വിവേകം ഉള്ളതുകൊണ്ട് ഗൗണത്വ്യാപ്തി പറയും എന്താണ് എത്രയെത്ര ഗൌണത്വം തത്രയത്ര ൗണമുഖ്യ വിവേകജ്ഞാനം ഇധിക വ്യാപകം വിവേകജ്ഞാനം നിവർത്തമാണ് ഗോണതാമുഖി നിവർത്തിക്കും അപ്പോൾ വ്യാപകമായ വിവേകജ്ഞാനം ഇല്ലെങ്കിൽ അവിടെ ഗൌണത്വ്ഞാനം ഇല്ല എവിടെയാണോ ഗോണത്വ്ഞാനമാണോ അവിടെ വിവേകജ്ഞാനം ഉണ്ടായിരിക്കും വിവേകജ്ഞാനമാണ് വ്യാപകം അതില്ലെങ്കിൽ വ്യാപകമായ ഗൗണത്വ്ഞാനം കണക്കുക അതുകൊണ്ട് എന്താണ് ആത്മ അനാത്മവിവേകജ്ഞാനം ഇല്ല അതുകൊണ്ട് ശരീരത്തിൽ ഗുണത്വമില്ല സത്വസിദ്ധം ഗുണത്വോഭയദർശനോഭോ ഗുണമുഖ്യ വിവേകജ്ഞാന വ്യാപകം നിവർ വിവേകം നിവർത്തമാനം വ്യാപകമില്ലെങ്കിൽ ഗോണതാമം വ്യാപ്യമില്ല നിവർത്തക ഗുണത വ്യാപ്യമില്ല വ്യാപകമില്ലെങ്കിൽ വ്യാപ്യമില്ല ഇതൊക്കെ പറഞ്ഞതാണ് ശരീരവും വർദ്ധക്യത്തിലെ ശരീരവും വവേരായതുകൊണ്ട് അതിൽ സോഹം ബാല്യകാലത്തെ ഞാൻ തന്നെ വർദ്ധക്യത്തിൽ ഏകത്വത്തെ സ്മരിക്കുന്നത് കൊണ്ട് ിൽ നിന്നും ഭിന്നമാണ് ആത്മാവ് എന്ന് പൂർവക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ഭണ്ണിക്കാൻ വേണ്ടി പറയാം ബാല്യകാലത്തിന്റെയും വാർദ്ധക്യത്തിന്റെയും ശരീരഭേദം ഉണ്ടെങ്കിലും സോഹമിത്തി ആ ഞാൻ തന്നെ ഈ ഞാൻ എന്ന് വാർദ്ധക്യത്തിൽ പറയുന്നു കുട്ടിക്കാലത്ത് ഞാൻ തന്നെയാണ് ഈ ഞാൻ ഏകസ്യാത്മ പ്രസന്ധമാണ് അവിടെ ഒരാൾ എന്ത് ചെയ്യുന്നു ആ രണ്ട് ശരീരത്തിലിരിക്കുന്ന ഏകമായ ആത്മാവിനെ സ്മരിക്കുന്നത് കൊണ്ട് ദേഹാദിഭ്യോ ഭേദന അസ്ഥി ആത്മാവ് ദേഹാദികളിൽ നിന്നും ഭിന്നമായ ആത്മാവുണ്ട് പൂർവക്ഷി പറയുന്നതാണ് ഇപ്പൊ ദേഹാദികളിൽ നിന്നും ഭിന്നമായ ആത്മാനുഭവം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഇവിടെ അധ്യാസമില്ലെന്നാണ് പൂർവക്ഷി പറയുന്നത് അതിനെ വണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ കാര്യത്തെ വീണ്ടും എടുത്തു പറയുന്നു പരീക്ഷ കാണാൻ കല്വിയും കഥാവിന് അനൗക ഈ പറയുന്നതൊക്കെ എന്താണ് ശാസ്ത്രചിന്തകന്മാർക്കാണ് ഈ വിചാരങ്ങൾ ആത്മാനാത്മവിയോഗം ചെയ്യുന്ന ശാസ്ത്രചിന്തകന്മാർ പറയും ശരീരാദികളിൽ നിന്ന് ഭിന്നമായി ആത്മാവ് അവരെ സംബന്ധിച്ച് ഈ പറയുന്നൊക്കെ ശരി തന്നെയാണ് ലൗകികന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇങ്ങനെ ആത്മാവ് വേറെയാണ് ആത്മാവ് വേറെ ഇങ്ങനെയുള്ള ബോധങ്ങളുണ്ട് പരീക്ഷക അപിഹി വ്യവഹാര സമയ ലോക സാമാന്യം അതിവർത്തന്ത ഭക്ഷ്യത്തെ അനന്തരമേ ഭഗവാൻ ഭാഷക്കാരാണ് ഇനി ശാസ്ത്ര വിചാരം ചെയ്യുന്നവരും ആത്മാനാത്മവിവേകം ചെയ്യുന്നവർ യുക്തി വിചാരം ചെയ്യുന്നവർ ശാസ്ത്രത്തിലൂടെ ആത്മാവനറിയുന്നവർ അവരും എന്ത് ചെയ്യുന്നു അവരുടെ പരീക്ഷകന്മാരെന്ന് പറയുന്നു വ്യവഹാരസമയ ദൈനംദിന വ്യവഹാരത്തിൽ എന്നുവെച്ചാൽ മറ്റ് പ്രവർത്തികളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നാൽ ലോകസാമാന്യ അതിവർത്തഞ്ഞു അവരെന്തു ചെയ്യുന്നു മറ്റുള്ളവരെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുവെച്ചാൽ ആ സമയത്ത് അവർ ശരീരത്തിൽ നിന്ന് വേറെയാണ് ആത്മാവ് എന്നറിഞ്ഞിട്ട് അതിനനുസരിച്ച് അവർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല ദേഹാത്മബുദ്ധിയോടുകൂടിയാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നതെന്നർത്ഥം ഭക്ഷ്യത്തി അനന്തരമേ ഭഗവാൻ ഭാഷകാരും അതിവിടെ തൊട്ടടുത്ത് തന്ന ഭാഷകാരൻ പറയും അനന്തരമേ എന്തു പറയുന്നു പരീക്ഷക പശുവാധിപിശ്ഠ അവശേഷ ശാസ്ത്ര വിചാരം ചെയ്യുന്നവരാത്മാവിനെ വിവേചനം ചെയ്യുന്ന ആൾക്കാർ കൂടി വിദ്വാൻമാർ കൂടി എന്താണ് പെരുമാറ്റത്തിൽ മൃഗങ്ങളെ പോലെ തന്നെയാണ് പെരുമാറുന്നത് അനുകൂലമായി ആരെങ്കിലും എന്തെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും അനുകൂലത കാണിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതികൂലം കാണിക്കും അപ്പോൾ അവിടെ മൃഗങ്ങളെപ്പോലെ തന്നെയാണ് സമ്മാനിക്കുന്നവർ അവർ സമ്മാനം കൊണ്ട് സന്തുഷ്ടാവും അവർ ഉപദ്രവിക്കുന്നവരെ അതുകൊണ്ട് അവർ ദുഃഖിതരാകും ഇതെല്ലാം സാധാരണ കാണുന്നതെന്നർത്ഥം ഇപ്പോൾ ശാസ്ത്ര വിചാരം ചെയ്യുന്നവനായു ശരി അവർ വ്യവഹാര സമയത്ത് അവരോ മൃഗങ്ങളെപ്പോലെ തന്നെയാണ് ഇത് ഭാഷകാരടുത്ത് വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ബാഹ്യാപ്യാഹം ഇത് മാത്രമല്ല ബാഹ്യന്മാരെന്ന് വെച്ചാൽ ബൌദ്ധന്മാരും പറയുന്നു ശാസ്ത്രചിന്തകാഖല്യവും വിജയന്തില്ല പ്രതിബത്താരാ പ്രതിബത്താരാന്ന് വെച്ചാൽ സാമാന്യ ജനങ്ങളിതൊന്നും അറിയുന്നില്ല ആത്മാവ് വേറെയാണ് അനാത്മാവ് വേറെയാണ് ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണ ജനങ്ങൾ അറിയുന്നില്ല ശാസ്ത്രചിന്തകാകലുവേ ചെയ്യുന്നത് ശാസ്ത്രത്തെ വിചാരം ചെയ്യുന്നവരാണ് പറയുന്നത് ശരീരത്തിൽ നിന്ന് ഭിന്നമായൊരാത്മാവ് ഉണ്ടാവും അതുകൊണ്ട് സഹനഗതിയിലെന്താണ് ആത്മാത്മാക്കളുടെ താതാത്മ്യമാണ് എന്ന് ഉൾപ്പെടുന്നത് അതുകൊണ്ട് അധ്യാസം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു അധ്യാസത്തിലാണ് എല്ലാ മനുഷ്യരും എന്നാണ് സംഭവിക്കേണ്ട ഒന്നല്ല തത് പരിശേഷിയ ചിതാത്മഗോചരം അഹങ്കാര അഹങ്കാരം അഹമ്മഹ അസ്മൗരാതി പറഞ്ഞ വ്യക്തികളെല്ലാം വച്ച് നോക്കുമ്പം പരിശേഷന്യായമനുസരിച്ച് അഹം ഹീവ എന്ന് പറയുന്നത് ചിതാത്മാവിന് ആശ്രയമായിരിക്കുന്ന അഹങ്കാരത്തെ ഇങ്ങനെ പ്രയോഗിക്കുന്നു അറിയുന്നവനായ ഞാൻ വീട്ടിൽ തന്നെയിരിക്കുന്നു എന്ന് പ്രയോഗിക്കുന്ന ഒരു ലൗകികൻ ശരീരാതി അഭേദഗ്രഹാ അഹംന്ന് പറയുന്ന ശരീരത്തോട് ചേർത്താണ് അതിനെ മനസ്സിലാക്കുന്നത് അഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ആത്മന പ്രാദേശികത്വേ എന്താണ് ആത്മാവിന്റെ പ്രാദേശികത്വത്തെയാണ് അറിയുന്നത് അഹം എന്ന് പറയുമ്പോൾ എന്ന് വെച്ച പരിച്ഛന്നമായ ആത്മാവനെയാണ് അറിയുന്നത് സാധാരണ മനുഷ്യൻ അല്ലാതെ ശുദ്ധമായ ആത്മാവിനെ അറിയുന്നത് എന്താണ് പൂർവക്ഷ പറയുന്നത് എന്താണ് അഹമെന്നുള്ള ശബ്ദത്തോടെ ശുദ്ധമായ ആത്മാവന അറിയുന്നുണ്ട് സിദ്ധാന്തി എന്താ പറയുന്ന അങ്ങനെ അഭ്യാസമാണ് അഭ്യസിച്ച ആ ഭാവത്തെയാണ് അറിയുന്ന ഹോമ പറയുന്നത് അപ്പൊ കുറവ് പറയുന്നതനുസരിച്ച് ആത്മാവും മനാത്മാവും വേർതിരിച്ചറിയുന്ന അവിടെ അധ്യാസത്തിന്റെ ആവശ്യമുണ്ട് സിദ്ധാന്തി പറയുന്നതനുസരിച്ച് അവിടെ അധ്യാസത്തിന്റെ ആവശ്യവും തത്പര് ശേഷിയ ചിതാത്മഗോചരം അഹങ്കാരം ചിതാത്മാവിനെ അഹങ്കാരം അഹ അസ്മി സദനെ ഇതി പ്രയോഗിക്കാൻ ഞാനത് ആ വീട്ടിലൊണ്ട് പ്രയോഗിക്കുന്ന ആള് ലൗകിക സാധാരണ മനുഷ്യൻ ശരാരാതി അഭേദഗ്രഹാ ശരീരാദികളിൽ അഭേദമായി ഗ്രഹിക്കുന്നുണ്ട് താതാത്മ്യത്തെ ഗ്രഹിക്കുന്നുണ്ട് ആത്മനഹ പ്രാദേശികത്വ ആത്മാവിൻ്റെ പ്രാദേശികത്വത്തെയാണ് അറിയുന്നത് ഏതുപോലെ എന്നുവെച്ചാൽ സ്വാഭാവികമായ ആത്മാവിനെയാണ് അറിയുന്നത് ഏതുപോലെ നവസൈവ ആകാശത്തെ ഘട മണിക മല്ലികാദ്യ ഉപാധി ആവച്ച പലതരത്തിലുള്ള പാത്രങ്ങൾ പേരാണ് ഘടം മണിക മല്ലിക മണി ഉപാധിയാവ കൊണ്ട് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അഹം എന്നറിയുന്നത് പരിച്ഛിന്നമായ ഈ ശരീരത്തെയാണ് ും തന്നെ ആത്മാവിനെ അറിയുന്നില്ല ശുദ്ധമായും നിർബാധികമായി ആത്മാവിനെ അറിയുന്നില്ല സ്വാഭാവികമായിട്ടാണ് അറിയുന്നത് അതുകൊണ്ട് ആത്മാഅ അനാത്മവിവേകം ഇവിടെ ഇല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്ന അധ്യാസമാണ് ആത്മാവ് അനാത്മാവന്ത താതാമ്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം എന്നാർത്ഥം എന്നാൽ അഹ അഹങ്കാരപ്രാമാണ്യായ ദേഹാധിപത ആത്മാവി പ്രാദേശികം പറഞ്ഞാൽ ഈ അഹം എന്ന് പറയുന്ന അനുഭവം പ്രമേയമായതുകൊണ്ട് എന്താണ് ദേഹാദികളെ പോലെ തന്നെ അഹമെന്ന് പറയുന്നതിലൂടെ അറിയുന്ന ആത്മാവും എന്താണ് പ്രാദേശികം പരിച്ഛിന്നമാണ് എന്നെന്തുകൊണ്ട് സ്വീകരിച്ചുകൂട ദേഹം പരിച്ഛിന്നമാണ് വീട്ടിനകത്തിരിക്കുകയാണ് അവന് ആത്മാവ് എന്തുകൊണ്ട് ഈ ദേഹത്തിലിരിക്കുന്ന പരിച്ഛിന്നമായി കൂടാ ഇപ്പോ ആയിട്ട് എന്തിനും സ്വീകരിക്കണം ആത്മാവിനെ പൂർവോക്ഷിക്കേണ്ട അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പരിചിന്നമാണെന്ന് സ്വീകരിച്ചു ഖലു അയം അണുപരിമാണോവാ ദേഹപരിമാണോവാ അപ്പൊ ആത്മാവിന്റെ പരിമാണവന്താണ് അണുമാണോ അഥവാ ശരീര പരിമാണമാണോ ശരീരത്തിന്റെ അത്രയുണ്ടോ ആത്മാവ് അണുപരിമാണത്വേ സ്ഥൂലോഹം ദീർഘ്യ ആത്മാവ് അണു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂലോഹം ദീർഘ ഞാൻ സ്ഥൂലാണ് ഞാൻ ദീർഘമാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല അണുവാണെങ്കിൽ ആത്മാവ് ഒരാളെന്താ പറയുന്നത് ഞാൻ തടിച്ചവനാണ് അണു തടിച്ചവനോ ആ ദീർഘം ഞാൻ ഇങ്ങനെ ഉള്ളവനാണ് ഇതൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ആത്മാവ് അഹോ എന്ന് പറയുന്ന ഇതിലൂടെ അറിയുന്ന ആത്മാവ് അണുവല്ല എന്നർത്ഥം ദേഹാദി പരിമാണത്തെ സാവയവത ദേവനിത്വ പ്രസംഗം ഇനി ആത്മാവ് ഈ അളവിലാണ് ദേഹം അത്രയാത്രയാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേഹത്തെ പോലെ അസാവും അത് നശിച്ചുപോകും സാവയവത്തെ അതിനവയവുള്ളത് കൊണ്ട് ദേഹാദിപത് അനിത്യത്വ പ്രസംഗം ദേഹാദികളെ പോലെ തന്നെ ആത്മാവ് നശിച്ചുപോകും hm